മുഹാജറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നേറിയവരും അവരെ സൽഗുണത്തോടെ പിന്തുടർന്നവരും അള്ളാഹുസുബാനഹൂവറ്റായ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരും അവനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു താഴെയായി പുഴകളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവൻ അവർക്കായി ഒരുക്കിവച്ചിരിക്കുന്നു അതിൽ അവർ എന്നേക്കുമായി വസിക്കുന്നതാണ് അതാണ് മഹത്തായ വിജയം